ശ്രീ മുഖേശമു ശ്രീ ശ്രീ സിദ്ധസ്മതിസാരംഭമുസ May I hear you again? Speak, speak, God, I am. രശ്മയോധൂമോ അഹരർ ചന്ദ്രമാത്രഫുലിംഗനൗ ദ്ധാ ജിഹി താ ആഹൂത്തെ സോമോ രാജ സമവതി പജന്യോ വവഗോദമായുരേവ സമിതി അംഭ്രം ധൂമോ വിദ്യുദർച്ചി ആശന്രംഗ ആധനയോ വിസ്ഫുലിംഗ്നൗ ദ സോമം രാജുഹതി താഹതിർവർ സൃഥി വ്യ സംവത്സരേവ സമീകൂമോ രാത്രിർച്ച ിശോ അംഗാരദിശോ വിസ്ഫുലിംഗാ തസ്േതസ് അഗ്നൗ ദർഷം ജിഹ്വതി താഹൂതിരന്ന പുരുഷോ വൂതമാഗത് പ്രാണോധൂമോ ജിഹ്വാ അർ ചക്ഷുരംഗാരോത്രം വിസ്ഫുലിംഗനൗ ദ അന്നുഹോതി കൂതൈരേതംഭവതി യോഷവതമാനിപ്പുപമന്ത്രയത സൂമോ യോനിരർച്ചി യന്ധക്കോതി അംഗ അഭിന്ദ് വിസ്ഫുലിംഗനൗ ദേതോ ജിഹോതി തയാർഗർഭവ്യഷവസോതി സ ഉദ്ഭാവൃതോ ഗർഭ नवमामासान सजातो अग्ने അന്ധശയത സ ജാതോ യുഷം ജീവതി തേതം തിഷ്ടഗ്നെ ഇതോ इत्थं സൂൂദോഭവതി अरण्ये श्रद्धा तपैतुपापक्षदेतीसा മാസേ്യ സംവത്സരം സംവത്സരാം ആദിത്യാസം ചന്ദ്രമസോ വിദ്യുതം തത്പുരുഷോ അനവ സമേതി എഷ ദയാപ്പാമ इष्टापू दत्मितुपते ते धूम मासान धूमादरात्रिरात्रेरपरपक्षा षड दक्षिण मासे प्राप्व माससेल ോകാദകാശം ആകാശ്ചന്ദ്രമസം എഷ സോമോ രാജ തദ്ദേ ഭക്ഷയ തസ്സംവാദമുഷി അഥ ഏതമേവധ്ന പുനർനിവർത്തക ആകാശാഭൂമോ ഭൂർഷത്തിഷധിമനസ്പതയാളമാഷന് അതോ വൈ ഖലു ദുർനിഷ്പപത്തരം യോ യോഹ്യന്നോരെതീ തദ്ൂയേവ തമണീയ ചരണോഹയത്തെ രമണീയമാപത്യേരൻ ബ്രാഹ്മണയോനിം ക്ഷത്രീയോനിം വൈശ്യയോനിം അഥ കൂയ ചോഹ യത്തെ കൂയാം യോനിം ആപത്യരൻ ശയോനിം സൂക്കരയോനിം ചൺയോനിം അഥ എതയോർ പഥോർ നത്തരേണ नाइम क्षुद्रा असगदावृती भूता जायस्व्रियेतृती स्थानसो लोको न संपूर से तस्मा जुगुप्सेदेशोकोहिण्य सुरांपस्थ ഗുരുസർപ്പവസൻ ബ്രഹ്മേ പദ പഞ്ചമസ് അത പച്ചാഗ്നിർമ്മൈരപ്പിച്ചരൻ പമനപ്പ ൂത പുണ്ോകോഭം ഗൗതമനും ഉപദേശിക്കുന്ന ഭാഗമാണ് പ്രവാഹണം ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആദ്യം പറയുന്നത് അവസാനത്തെ ചോദ്യം യഥാ പഞ്ചമ്യം ആഹൂത്തു ആപഹ പുരുഷവചസ്വഭവഹൂതികളെ കുറിച്ചുകൂടെ പറയും അതിൽ ആപഹ പുരുഷവ ജലം അത് പുരുഷനാകുന്നത് എങ്ങനെ എന്നാണ് ആപഹ ജലം എങ്ങനെ പുരുഷ എന്നുള്ള സത്യുള്ളവനായിത്തീരുന്നു അതിന് അവസാനത്തെ ചോദ്യം അതിനാദ്യം മറുപടി പറയുന്നു കാരണം അത് പ്രധാനപ്പെട്ടത് അതിന്റെ മറുപടിയാണ് പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത് അതാണ് അസോകോ ഗോതമ അഗ്നി ഗോതമ അസോലോകോ അഗ്നി എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് ഇതൊന്നാമത്തെ അഗ്നി അഗ്നിഹോത്രത്തിൽ സമിത് കൊണ്ട് അഗ്നിയെ ജോലിപ്പിക്കുന്നു അതിൽ പയസ് തുടങ്ങിയ ഹവിസർപ്പിക്കുന്നു അത് ചെയ്യുന്നുവെന്നും അതിൻ്റെ ഫലം കിട്ടുന്നു വേദത്തിൽ വിധിച്ചിട്ടുള്ള ക്രമങ്ങളിൽ മുഖ്യമായ ഒന്നാണ് അഗ്നിഹോത്രം അഗ്നി വിഭവത്തിലെ മുഖ്യമായ ചടങ്ങാണ് സമിത്ത് അഗ്നിയെ ജ്വലിപ്പിക്കുക അതിൽ ആഹൂതി അർപ്പിക്കുക പൈസ് തുടങ്ങി ജലമയമായ വസ്തുക്കളാണ് അത് അർപ്പിക്കുന്നത് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഭാഷകാരം പറയുന്നു इध साय हुदे पयादि साधने अर्चिरंगार श्रद्धासरे सबूमिंग कर्दिकारक्रमेण उत्क्रम्य दिल्लोकम प्रव्यो सूक्ष्मशवाच्ये ശ്രദ്ധാ ഹേതു ശ്രദ്ധാശ്വച്ചി ഉച്ച ഒരു നീണ്ടവാചകത്തിൽ എന്താണ് അഗ്നിഹോത്രം എന്നുള്ള ചെരു പറഞ്ഞിരിക്കുന്നു അഗ്നിഹോത്രത്തിന്റെ രഹസ്യം എന്താണ് എന്തവിടെ സംഭവിക്കുന്നത് സായംപരാത അഗ്നിഹോത്രാഹൂതി എല്ലാ ദിവസവും അഗ്നിഹോത്രി ഉഷക്കാലത്തിലും സായംസന്ധ്യയിലും അഗ്നിഹോത്രത്തെ അനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കുന്ന വെച്ചാൽ പഴയകാലത്ത് അങ്ങനെയൊക്കെ അനുഷ്ഠിച്ചത് ഇന്നല്ല ഇന്നും അഗ്നിഹോത്രത്തിനും മറ്റും ആൾക്കാർ പ്രചാരം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന തരത്തിൽ ശ്രുതി പറയുന്ന തരത്തിൽ അത് പ്രചരിക്കുന്നു എന്നറിയത്തില്ല ശ്രുതി രണ്ട് പറയും ഒന്ന് കേവലമായ അഗ്നിഹോത്വം മറ്റൊന്ന് അന്ന് കേവല കർമ്മം എന്ന് പറയുന്നു മറ്റൊന്ന് ഉപാസനയോടുകൂടി അഗ്നിഹോത്വം ഇവിടെ പറയുന്ന ഇവിടെ രണ്ടിനും പേര് ഒന്ന് കേവലമായ കർമ്മം മറ്റൊന്ന് ഉപാസനയോടുകൂടി ചേർന്ന് കേവല കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർ ചന്ദ്രലോകത്തിലെത്തിച്ചേരുന്നു അവിടെ ദേവന്മാരുടെ അന്നമാകുന്നു വീണ്ടും മടങ്ങി വരുന്നു കർമ്മം അനുസരിച്ച് വീണ്ടും ജനിക്കുന്നു അതുകൊണ്ട് അത് നിന്ദിയമായ മാർഗമാണെന്ന് പറയും ശോഭനമായ മാർഗമാണ് ചന്ദ്രൻലോകത്തിലെത്തുക ദേവന്മാരുടെ അന്നമാകുക എന്നുവെച്ചാൽ അവരുടെ ഭർത്തിയന്മാരാകുക വീണ്ടും സംസാരഗതിയെ പ്രാപിക്കുന്നു ദേവലോകത്തിലെത്തി അവിടെ ഭർത്യന്മാരായിരുന്നാലും സുഖമാണെന്ന് പറയുന്നു പക്ഷെ തിരിച്ച് സംസാരഗതിയെ പ്രാപിക്കുന്നു അതുകൊണ്ട് കേവല അഗ്നിഹോത്രം അത് പോരാ അതുകൊണ്ട് എന്ത് വേണം കർമ്മത്തോടൊപ്പം ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഉത്തരായണ മാർഗത്തോടൊപ്പം വന്നു അവർക്ക് ആപേക്ഷികമായ മോക്ഷത്തെ പ്രാപിക്കാം അവര് രണ്ടു തരത്തിൽ പറയുന്നുണ്ട് കുണിപ്പ് പക്ഷികാരം പറയുന്നത് ആപേക്ഷികമായ മോക്ഷണം വീതിയിൽ ഭഗവാനും പറയുന്ന എന്താണ് അബ്രഹ്മഭുനാഥ് ലോക പുനരാവർത്തിനോർജുന ബ്രഹ്മലോകം വരെ എത്തിയാലും അത് തന്നെ ഇവിടെ ഭാഷകാരണം പറയുന്നു പക്ഷെ എന്നാലും ഒരു കൽപ്പാന്തം വരെ അവിടെയിരിക്കാം പിന്നീട് ശ്രേഷ്ഠമായ ജന്മങ്ങൾ ഒരു കല്പാന് അന്തോന്ന് പറഞ്ഞാൽ ചെറിയ അതുകൊണ്ട് കേവല കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസനയോടുകൂടി കാരണം ഉപാസന എന്ന് പറഞ്ഞാൽ ഭാവന അഗ്നിഹോത്ര തുടക്കം അനുഷ്ഠിക്കേണ്ട മാനസികമായ ധ്യാനം അല്ലെങ്കിൽ ഭാവന അഗ്നിഹോത്രത്തിൽ ശരിക്കും ബാഹ്യമായി സമിത്വ ജലിപ്പിക്കുന്നു സമയത്തിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നു അവിടെ പയസ്സർപ്പിക്കുന്നു അവിടുത്തെ ആഹൂതി പയസ്സാണ് ഇവിടെ അല്ല ഇവിടെ എല്ലാത്തിലും മാറ്റം ഇവിടെ എന്താണ് പറയുന്നത് അസോ ആവ അഗ്നി ഈ അഗ്നിഹോത്തരത്തിൽ നീ കാണുന്ന അഗ്നി അത് ഈ ദുലോകമാണോ ഇതാണ് ഭാവന ഇത്തരത്തിൽ എല്ലാത്തിനും ഭാവനയില്ല എന്താണ് അവിടെ സംയത്തായിരിക്കുന്നത് ഇവിടെ വിറക വിറകിൽ അഗ്നിയും ജലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന മാനസികമായ അഗ്നിഹോത്വം അതിൽ ആദ്യത്തിലാണ് സംയത് വിറകിൽ എങ്ങനെയാണോ അഗ്നി ജ്വലിക്കുന്നത് അതുപോലെ ഈ ആദിത്യനൻ ഈ ദ്ലോകം ജ്വലിക്കുന്നു പ്രകാശിക്കുന്നു അതിനുള്ള നമ്മളൊരു സമാനതയുണ്ട് ഒരടിസ്ഥാനമില്ലാത്ത ഭാവനയുണ്ട് ഭൗതികമായി ബാഹ്യവുമായി കാണുന്നത് ഉള്ള ഭാവനയാണ് നമ്മുടെ ഭാഷകാലം പറയും ഇത് കേവലം ഭൗതികമെന്ന് ഇതിന് ആധ്യാത്മികവും ആദ്യ ദൈവികവുമായ രണ്ട് ഭാവങ്ങളുണ്ട് ആധ്യാത്മികമായ ഭാവങ്ങൾ മനസ്സ് കർണങ്ങൾ ജീവൻ ഉൾപ്പെടെയുള്ളത് ആധ്യാത്മിക ഭാവങ്ങൾ ആധിദൈവികമായ ഭാവങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ദേവതാഭാവങ്ങൾ ഓരോ പ്രപഞ്ച ശക്തിക്കും പിന്നിലുള്ള ചൈതന്യ ശക്തി സൂര്യനൊരു ഭൗതികമായ ശക്തിയാണ് അതിന് പിന്നിലൊരു ചൈതന്യ ശക്തിയുണ്ട് ആതിദൈവികം ആധിദൈവികം എന്ന് പറയുന്ന ഈ ജീവനുമായി ബന്ധപ്പെട്ടതല്ല ദ്ലോകം ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ് അവൻ്റെ ശരീരം തുടങ്ങിയുള്ളിലോട്ടുള്ള കാര്യങ്ങൾ ശരീരവും കർണങ്ങളും ഇതങ്ങനെയല്ല ദൈവികം എന്ന് പറയുമ്പോൾ ബാഹ്യമായ വിപുലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങൾ ഇതിലുണ്ടെന്നൊരു ബന്ധം സ്ഥാപിക്കുന്നു കർമ്മം ചെയ്യുന്നു ദേവതകൾ അനുഗ്രഹിക്കുന്നു ബലമുണ്ടാകുന്നു ഇതെല്ലാം പറയുന്ന ഇതാ സംഭവിക്കുന്നു ഈ ആധ്യാത്മികവും ആദി ദൈവികവുമായിട്ടുള്ള ബന്ധം അത് സംഭവിക്കുമ്പോൾ ജീവന് കത്തി ഉണ്ടാവുന്നു ജീവൻ സ്വയം അജ്ഞനാണ് ആശക്തനാണ് ജീവന് സ്വേച്ഛ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ജീവൻ പരാധീനനാണ് അജ്ഞാനത്തിന് അധീനനാണ് രാഗദ്വേഷങ്ങൾക്ക് അധീനനാണ് സ്വന്തം കർമ്മങ്ങൾക്ക് അധീതനാണ് കർമ്മസംസ്കാരത്തിന് അധീനനാണ് വാസനയ്ക്കധീനനാണ് പിന്നെ ഏറ്റവും സ്ഥൂലമായതല്ല വികാര വിചാരങ്ങൾക്ക് തന്നെ അധീനനാണ് അപ്പം അങ്ങനെയിരിക്കുന്ന അല്പജ്ഞനും അശക്തനുമായിരിക്കുന്ന ഈ ജീവന് സ്വയം ഉയർന്നു പോകാൻ കഴിയത്തില്ല അതിൻ്റെ ഉപായമായിട്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു കേവലമായ കർമ്മമായാലും ശരി ഉപാസന സഹിതമായ കർമ്മങ്ങളായിട്ടും ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ ആധ്യാത്മികമായ അജീവന്റെ ഭാവങ്ങൾക്ക് ആദി ദൈവികമായ ഭാവങ്ങളുമായിട്ട് ബന്ധമുണ്ടാകുന്നു ഉപജീവൻ ഉയരുന്നു ഈ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എങ്ങനെയാണോ തൻ്റെ കാരണം അതിനനുസരിച്ച് അതിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അഗ്നിഹോത്രം നടത്തുമ്പോൾ ഭാഷ്യകാലം പറയുന്നു സായം പ്രാത അഗ്നിഹോത്ര ആഹൂതി ഹു തേ ആദി സാധനേ ശ്രദ്ധാപുരസ്തരെ വെറുതെ അഗ്നിഹോത്രം ചെയ്താൽ പുര അത്യധികമായ ശ്രദ്ധയോടുകൂടി സമിത് പയസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം സംഭരിച്ച് വിധിയാണു വേദത്തിനെങ്ങനെയാണോ വിധിച്ചിരിക്കുന്നത് അതനുസരിച്ച് ആവഹനീയ അഗ്നി സമിത് ധൂമ അർച്ചി അങ്കാര വിസ്ലിംഗ ഭാവിതേ കൂടി ചേർന്നു ആഹവനീയ അഗ്നി അഗ്നിഹോത്രി ആഹൂതിയെ അർപ്പിക്കുന്ന ആ അഗ്നിയുടെ പേരാണ് അഗ്നി ആഹവനം ചെയ്യുന്ന അഗ്നി സമിത് അഗ്നിജലിപ്പിക്കുന്നതിന് വേണ്ട സാധനങ്ങളല്ല അവിടെ ധൂമം ഉണ്ടാകുന്നു അർച്ചി അഗ്നിജ്വാലകളുണ്ടാകുന്നു അത് കഴിഞ്ഞ് അങ്കാരം ആ ജ്വാല അണയുമ്പോൾ അവിടെ തി കനൽ ഉണ്ടാകുന്നു വിസ്ഫുലിംഗം അഗ്നിജ്വാലകളിൽ നിന്ന് തീപ്പരി ഉണ്ടാകുന്നു ഭാവിത്തെ അഗ്നിഹോത്രം എന്ന് പറയുമ്പോൾ കൂടി ചേരുന്നതാണ് അഗ്നിഹോത്രത്തിൽ ഇത് ഓരോന്നിനും സ്ഥാനമുണ്ട് ബാഹ്യമായ അഗ്നിഹോത്രത്തിൽ പിന്നെ കർത്രാതികാരക ഭാവി ചെയ്യുന്ന കർത്താവ് അതുകൊണ്ട് ആ കർത്താവിന് കർത്തൃത്വഭാവനയുണ്ട് അത് ഇതിനോടുകൂടി ചേരണം അപ്പം അഗ്നിഹോത്രത്തിലെ ഓരോ അംശത്തിനും ജീവന്റെ ഗതിയെ നിർണയിക്കുന്നതിന് അതിൽ സ്വാധീനം ചെലുത്തുന്നതിന് കഴിയും അന്തരീക്ഷക്രമേണ ഉക്രമ്യ ആദ്യ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രവേശ്യന്യൂ ദുലോകത്തിലേക്ക് പ്രവേശിക്കുന്നു എന്താണ് സൂക്ഷ്മൂത്തെ അപസമവാ തയോരധി അഗ്നിരണ്യച്ചഹോത്രം അനുഷ്ടോ ഇത് എങ്ങനെ ഫലത്തപ്പെടുക്കുന്നു എന്ന് പറയും ഇവിടെ അഗ്നിഹോത്രത്തിൽ അർപ്പിക്കുന്ന ആഹൂതിയും മറ്റും ഇതെല്ലാം കൊണ്ട് സമിത്ത് ധൂമം അർച്ചി അങ്കാരം വിസ്മുലിംഗം ജീവന്റെ കർത്തൃത്വ ഭാവന ഇതെല്ലാം കൂടി ചേർന്നു ഇത് സൂക്ഷ്മഭൂതമായി പരിണമിക്കുന്നു സൂക്ഷ്മമായി തീരുന്നു അതായത് അഗ്നിഹോത്രം ചെയ്യുന്ന കർത്താവ് വേറെ ബാഹ്യമായി നടക്കുന്ന കർമ്മം വേറെ ഞാൻ എത്തിച്ചേരേണ്ട ചന്ദ്രലോകമോ അല്ലെങ്കിൽ ബ്രഹ്മലോകമോ വേറെ ഇതിനെയൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത് ഈ അഗ്നിഹോത്രത്തിൽ നിന്ന് രൂപപ്പെടുന്ന സൂക്ഷ്മം ഭൂതം അത് കേവലം സൂക്ഷ്മഭൂതങ്ങളല്ല സാറിന് ഹോമോ എല്ലാം നടത്തുമ്പോൾ കുറയാറുണ്ടല്ലോ നമ്മുടെ അവിടെ എന്തോ വിശേഷ ശക്തി ഉണ്ടാകുന്നു അത് ചെയ്യുന്നതാണ് ഫലം ഉണ്ടാകുന്നു അങ്ങനെ അനുഭവസിദ്ധമായ കാര്യങ്ങളാണ് അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള പറയുന്നു സ്ഥൂലമായ ഭൂതങ്ങളിലാണ് പ്രവൃത്തി പക്ഷെ അത് അതിസൂക്ഷ്മമായി പ്രണമിക്കുന്നു അത് ജീവനോട് ചേർന്ന് സഞ്ചരിക്കുന്നു എന്നാ ജീവനും അതുമായിട്ട് ബന്ധം വയ്ക്കുന്നു സ്ഥൂലമായ ദൃഷ്ടിയിൽ ബാഹ്യമായ അഗ്നി അഗ്നി കത്തി അണയുന്നു വിറക് കത്തിത്തീരുന്നു അത് അവസാനിച്ചു ജീവൻ മറ്റു കർമ്മങ്ങളിലേക്ക് മുഴുകുന്നു ബാഹ്യമായി നമ്മൾക്ക് പ്രത്യക്ഷമായും ബന്ധമൊന്നുമില്ല പക്ഷെ അഗ്നിഹോത്രത്തിൽ ഇവയ്ക്കെല്ലാം കൂടി ചേർന്നൊരു പരിണാമം സംഭവിക്കുന്നു പറയുന്നു ഇതിന്റെ താല്പര്യത്തെ ഭാഷകാരൻ പറയുന്നു ഭാഷകാരൻ പറയുന്നത് മാത്രമല്ല ശ്രദ്ധയിൽ പല ഭാഗത്തും ഇതിനെക്കുറിച്ച് പറയും അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു പ്രമാണമനുസരിച്ച് പറയുന്നു ഇതെല്ലാത്തിനും ഒരു പരിണാമം സംഭവിച്ചത് സൂക്ഷ്മഭൂതങ്ങളാകുന്നു അതിന് ആധ്യാത്മികമായ ഈ കർത്താവുമായി ബന്ധം വരുന്നു അത് ഈ ജീവനെ ഒരു ദിശയിലേക്ക് നയിക്കുന്നു എന്തുകൊണ്ടാണ് അഗ്നിഹോത്രം നടത്തുമ്പോൾ അതിൽ നിന്ന് ധൂമം ഉയരുന്നു അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു അത് ഉയർന്നു പോകുന്നു അത് സഞ്ചരിക്കുന്നത് പോലെ അതുകൊണ്ട് പറയാം ധൂമത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയും അവിടെ എല്ലായിടത്തും പറയും ഭൗതിക വസ്തുക്കളെയല്ല എന്റെ പിന്നിലുള്ള ദേവതകളെയാണ് ധൂമം ദ്ലോകത്തിലെത്തിച്ചേരുക എന്ന് പറഞ്ഞത് അതിനങ്ങനെ കഴിയും അതാണ് രുക്ഷത്തിൽ വ്യാപിച്ചതെന്ന് നിശ്ചിച്ച് പോകും പക്ഷെ എന്റെ പിന്നിനൊരു വിശേഷമുണ്ട് അത് എത്തിച്ചേരും ഈ ചെയ്യുന്നവൻ അവൻ്റെ ഒരു ചൈതന്യ വിശേഷമുണ്ട് കർത്താവായും ഭോക്താവായും എനിക്കുന്ന ചൈതന്യ അതിന് ഈ ആതിദൈവിക ഭാവങ്ങളുമായിട്ട് എല്ലാം ബന്ധമുണ്ടാകുന്നു പണ്ടു ആ ജീവനെ ആനയിച്ചുകൊണ്ട് പോകുന്നു ദേവതന്മാർ വന്ന് ആനയിച്ചുകൊണ്ട് പോകുന്നു ആ എന്ന് പറയും അത് ഈ സമഷ്ടിയും വഷ്ടിയുമായിട്ടുള്ള ബന്ധം കേവലം ഭൗതികമല്ല അതാണ് ഇവിടെ പറയുന്നത് ആദിത്യൻ ചക്ഷു ഇതിലുണ്ടും തമ്മിലൊരു ബന്ധമുണ്ടെന്നുള്ളത് നമുക്കറിയാം വ്യക്തമായിട്ട് ആദിത്യനും ചക്ഷുവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണിനും പ്രകാശമാണ് ആദിത്യനിലും പ്രകാശം രണ്ടും കൂടി ചെറുത് വസ്തുക്കളെ വിഷയമാക്കുന്നു ഇത് ഭൗതികം പക്ഷെ അതിനപ്പുറം ഒരു ബന്ധമുണ്ടെന്താണോ ചക്ഷുസ് ഒരു ദേവതയുണ്ട് ആദിത്യനിലും ഒരു ദേവതയുണ്ട് ഇതിലുണ്ടും തമ്മിലുള്ള ബന്ധം ഇത് പല ഭാഗത്തും ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ആധ്യാത്മിക ദേവതാ ശക്തിയും ആദി ദൈവികമായ ശക്തിയും തമ്മിലുടെ ബന്ധം കൊണ്ട് ജീവൻ ഉത്കർഷമുണ്ടാകും ജീവൻ ഊർജ്ജ രോഗങ്ങളിലേക്ക് അങ്ങനെ പോകുന്നതിന് എവിടേക്ക് പോകും ഒന്നുകിൽ ദക്ഷിണായന മാർഗത്തിലൂടെ എത്തുന്ന ചന്ദ്രലോകത്ത് അല്ലെങ്കിൽ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്ന സത്യലോകത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലെത്തിച്ചേരും അതിന് ഭാവനയാണ് അത് നിർണ്ണയിക്കുന്നത് ഭാവന എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ഭാവത്തെ ദൃഢപ്പെടുത്തുന്നു ആദ്യ ദൈവികമായ ഭാവങ്ങൾ എപ്പോഴും ഉണ്ട് പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും ഇതെല്ലാം ഉണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം ഈ ജീവൻ അതിനുള്ള യോഗ്യത വേണം ആദ്യ ആധ്യാത്മികമായ ഭാവങ്ങൾക്ക് യോഗ്യത വേണം ആധ്യാത്മികമായ ഭാവങ്ങൾ ഉണരുന്നത് ഈ ഭാവനയിലൂടെ ഇതുതന്നെയാണ് എല്ലാ ഉപാസനകളുടെയും എല്ലാ ധ്യാനത്തിൻ്റെയും ഭാവനകളുടെയും എല്ലാം താത്വികമായ വശ ഇവിടഭാഷക്കാരും വിശീകരിച്ചു ഇവിടെ അഗ്നിഹോത്രത്തിൽ ഇത്തരമൊരു ഭാവനയിലൂടെ ആ ജീവൻ്റെ ആധ്യാത്മികമായ ഭാവങ്ങളെ ഉണർത്തുകയാണ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും അതിൻ്റെ സഹായത്തോടുകൂടി ജീവൻ ആദ്യ ദൈവിക ഭാവങ്ങളുമായിട്ട് ബന്ധമുണ്ടാകുന്നു മറിച്ചാണെങ്കിലോ ജീവൻ അത്തരത്തിലുള്ള ഊർജ്വഗതി ഉണ്ടാകുന്നില്ല വീണ്ടും സംസാരത്തിലേക്ക് തന്നെ പറ്റുന്നു ഭാവനയില്ലെങ്കിൽ ആ കർമ്മത്തിൽ നിന്ന് ജീവനുണ്ടാകുന്ന ഉണർവ് കുറവായിരിക്കും ഭാവനയാണ് ഉണർത്തുന്നത് അതുകൊണ്ട് ഈ അഗ്നിഹോത്ര ഭാവൻ സർവത്ര ഇവിടെ വൃഷ്ടിയിലും സമഷ്ടിയിലും സർവത്തിലും അഗ്നിഹോത്ര ഭാവന് ചെയ്തു അഗ്നിഹോത്രം എന്ന് പറയുന്നത് കേവലം വിറക് ജനിപ്പിച്ചതിന് ഹവിസനർപ്പിക്കുന്നതല്ല ഈ പ്രപഞ്ചം മൊത്തത്തിലൊരു അഗ്നിഹോത്രമാണ് അതുമാത്രമല്ല ഈ ജീവിതം തന്നെ ഒരു അഗ്നിഹോത്രമാണ് അങ്ങനെയുള്ള ജീവന്റെ സർവപ്രവൃത്തികളും അഗ്നിഹോത്രമാണ് ഈശ്വരന്റെ സർവപ്രവൃത്തികളും അഗ്നിഹോത്രമാണ് സർവത്ര അഗ്നിഹോത്ര ഭാവന അപ്പൊ ആ ഭാവന അങ്ങനെ വ്യാപകമാവുമ്പോഴാണ് ജീവന് വ്യാപകമായ ഈ പ്രപഞ്ചശക്തികളോട് ബന്ധമുണ്ടാകുന്നത് അങ്ങനെയാണ് ഫലമുണ്ടാകുന്നത് ഇത് ഇത് സർവത്രയുണ്ട് ഗീതയിൽ പറയും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹത് പൊളിഭാഷകാലം പറഞ്ഞാൽ അഗ്നിഹോത്ര ഭാവനയാണ് അത് വേറൊരു തരത്തിൽ കുറച്ചുകൂടി തത്വനിഷ്ഠമായ ഭാവന ഇവിടെ അങ്ങനെ ഇത് കർമ്മനിഷ്ഠമാണ് കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നിപ്പോൾ അഗ്നിഹോത്രമൊക്കെ പ്രചരിപ്പിക്കുന്നവര് ഇത്തരം ഭാവനകൾ അതിനോടൊപ്പം ഉള്ള അത് പ്രചരിപ്പിക്കുന്നുണ്ടോ ഉണ്ടാവുമെന്ന് തോന്നുന്നു കേവലം വിവരങ്ങൾ കത്തിച്ച് അതിലെന്തെങ്കിലും ഹവിസർപ്പിച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്നു അത്തരം കാര്യങ്ങൾക്ക് ഭൗതികമായ ഫലങ്ങളുണ്ട് അതിന് മാത്രമാണ് ചില ആൾക്കാർ ചെയ്തു പ്രൊമോഷൻ കിട്ടും പരീക്ഷ പാസാവും ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു ആത്യന്തികമായിട്ട് സംസാരത്തിന് ഉപകരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ശരി പറയുന്നത് ഈ കേവലമായ കർമ്മങ്ങൾ അത് കേവല സംസാരത്തിന് ഉപകരിക്കൂ അത് കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഭാവനയെ അതിനോടുകൂടി ചേർക്കുക അപ്പം അത് ആധ്യാത്മികമായ ഉത്കർഷത്തിന് സഹായിക്കും ഇതിന് ഇത്തരം ചെയ്തവരാണ് ഉപാസന അനുഷ്ഠിച്ചവർ പൂർവ്വജന്മത്തിൽ ഉപാസന ചെയ്തവരെന്ന് പറയും അവർക്കിതിൻ്റെ ആ ജീവൻ അതിൻ്റെതായ ഉത്കർഷമുണ്ടാകും ഇതിലൂടെ പ്രവാഹനൻ ഗൗതമൻ ഉപദേശിക്കുന്ന പഞ്ചാഗ്നി വിദ്യ അഞ്ചഗ്നികളുള്ള ഉപാസന അഗ്നിഹോത്രത്തിൽ മുമ്പിൽ ഒരു അഗ്നിയാണ് ആഹവനിയാ അഗ്നി ഇവിടെ അങ്ങനെയുള്ള അഞ്ചഗ്നികളുണ്ട് അഞ്ച് സമിത്വം അഞ്ചാഹോതികളുണ്ട് അതുപോലെ തന്നെ പഞ്ചാഗ്നി വിദ്യ എന്ന് വെച്ചാൽ ഉപാസന പഞ്ചാഗ്നികളിലുള്ള ഉപാസന മറ്റു ഒറ്റ അഗ്നിയിലുള്ള കർമ്മം ഇവിടെ അഞ്ചഗ്നിയുള്ള ഉപാസന ഇവിടെ അഞ്ചഗ്നികൾ എന്താണ് ോകം സർവത്ര ലോകങ്ങളെന്ന് പറയുന്നുണ്ട് അതിന്റെ ദേവതകളെടുക്കുന്നു ചൈതന്യത്തെ എടുക്കുന്നു പർജന്യം പർജന്യദേവതയെടുക്കുന്നു വൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ദേവ പൃഥിവി അവിടെയും കേവല സ്ഥൂലമായ പൃഥിവി അല്ല അതുകൊണ്ട് പുരുഷൻ പുരുഷനെന്ന് പറഞ്ഞാൽ എന്താ കേവല ശരീരമാണ് കേവല ശരീരം ഒരിക്കലും പുരുഷനാകത്തില്ലോ യോഷി സ്ത്രീ അഗ്നിഭാവന ഈ അഗ്നി ഭാവന പലതരത്തിലാണ് ഒന്നങ്ങനെ ഭാവന ചെയ്യുന്നു ഈ ഭാവനയ്ക്കനുസരിച്ച് തന്നെയാണ് ജീവന്റെ ഗതി ലോകത്തിൽ നിന്ന് പർജന്യത്തിലേക്ക് പർജന്യത്തിൽ നിന്ന് പൃഥിയിലേക്ക് പൃഥിവിയിൽ നിന്ന് പുരുഷനിലേക്ക് പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് സ്ത്രീയിൽ നിന്ന് ഗർഭമായി തിരിച്ച് വീണ്ടും ജന്മം ജീവനായി തിരിച്ചു വരും അങ്ങനെ ജീവന്റെ ഗതി ഭാവന അത് അടുത്ത് പറയുന്നു ദുലോകത്തിൽ വരുന്നു അത് സെൻട്രൽ ലോകത്തിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ ദുലോകത്തിൽ വരുന്നു അതെങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നത് ഉള്ള പറയുന്ന സമ ഈ കർമ്മത്തിൻ്റെ അതോടൊപ്പമുള്ള ഭാവന ഈ ഭാവനയുടെ ഫലമായി അതിസൂക്ഷ്മഭൂതം ഈ സൂക്ഷ്മഭൂതങ്ങളെന്ന് പറയുമ്പോൾ മനസ്സ് പ്രാണൻ ഇതെല്ലാം സുഷുഭൂതങ്ങളാണ് ഇന്ന് ആധ്യാത്മികമായ ഭാവം എന്ന് പറയുന്നു അപ്പോൾ ജീവൻ ആധ്യാത്മിക ഭാവത്തെ ആശ്രയിച്ച് ദിലോകത്തിൽ വരുന്നു പോകുന്ന വഴി പറയും തിരിച്ചു വരുന്ന വഴിയും കർമ്മഫലമാണ് കർമ്മ ഫലമാണ് അവിടെ നിന്നത് പർജന്യദേവതയുടെ സഹായത്തോടു കൂടി ഭൗതികമായും മൃഷ്ടിയല്ല അപ്പോ ജലത്തിലൂടെ ജീവൻ ഭൂമിയിൽ വരുന്നു എന്ന് പറയും സാധന സ്ഥൂലമായിട്ട് അത് ഭൂമിയിൽ ജീവൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ളൂ ശരിയായ അർത്ഥത്തിലല്ല ഈ ഭൂമിയിൽ ജീവൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു നടക്കുന്നു കാറിൽ സഞ്ചരിക്കുന്നു പ്ലെയിനിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെന്താ എന്റെ താല്പര്യം കേവലം ബാഹ്യമായ ഭൗതികമായോ ഈ ഉപാധി ശരീരം ചലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ജീവൻ അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ജീവനം തുറയുന്ന ആധ്യാത്മിക ഭാവമാണ് അത് ഭൂമിയിൽ അത് സഞ്ചരിക്കുന്നത് അതുപോലെയാണ് വൃഷ്ടിയിലൂടെ വരുന്നു എന്ന് പറയുന്നത് ജീവനം ചെയ്യുന്നു അതിൻ്റെ ആധ്യാത്മിക ഭാവത്തിൽ പ്രാണൻ മനസ്സ് തുടങ്ങയുടെ ആ മാധ്യമത്തിൽ കാണാനിൻ്റെ ഗമനാകുന്നുണ്ട് പക്ഷെ ബാഹ്യമായി നമ്മൾ ഈ സ്ഥൂല ശരീരം കൊണ്ട് സഞ്ചരിക്കുന്നു പറയും സ്ഥൂല ശരീരം സഞ്ചരിക്കുന്നത് ഈ ഭൗതികമായ പിഡമാണ് അതിന്റെ ചലനമാണ് അത് ജീവന്റെ ചലനമുണ്ട് ജീവന്റെ ഗതി എന്ന് പറയുന്ന ഇവിടെ അത് ഇതല്ല അതുപോലെ വൃഷ്ടിയിലൂടെ വരുന്നു എന്ന് പറയുന്നു മഴയിലൂടെ ജീവൻ വരുന്നില്ല അവിടെ പറയുന്നു പർജന്യ ദേവത ആ ദേവതാഭാവത്തിൽ ദേവതയോട് ചേർന്ന് പറഞ്ഞല്ലോ അതുമായിട്ട് ബന്ധ പറയുന്നു ഈ ഭാവം ആ ആതി ദൈവിക ഭാവവുമായിട്ട് ചേർന്ന് ആ ജീവന്റെ ഗതിയിൽ അത് ഭൂലോകത്തിനെത്തിച്ചേരുന്നു ഈ ഭൂലോകത്തിൽ വന്ന ഇവിടെയും എല്ലാം ഉണ്ട് ആതി ദൈവിക ഭാവങ്ങൾ അതിനോട് ചേർന്ന് അതിന് സഹായത്തോടു കൂടി അന്നത്തിലൂടെ പുരുഷന് കിടന്ന് രേതത്തിലൂടെ സ്ത്രീയിൽ കിടന്നു ശിശുവും വീണ്ടും ജന്മം വരുന്നു ഇതിന് കാരണമായിരിക്കുന്നതാണ് ഈ അഗ്നിഹോത്ര കർമ്മവും അതിനോട് വരുന്ന ഭാവനയും എല്ലാ ജീവന്മാർക്കും ഇത് സംഭവിക്കുന്നുണ്ട് ആർക്കൊക്കെ ഇത് സംഭവിക്കും ആർക്കൊക്കെ ഇത് സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഭാഷകാർ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഭാഷത്തിലാദാസം ഏത് വിഷയം തന്നെ ബൃഹദാരൃത്തിലും വരുന്നുണ്ട് അവിടെ എല്ലാം പറയുന്ന ഇതാണ് എന്താണ് കർമ്മത്തെക്കാൾ മുഖ്യമാണ് ഭാവന അപ്പൊ കേവലമായ കർമ്മം അത് അനുഷ്ഠിക്കാം പക്ഷെ അത് ഉത്തമമല്ല ഉത്തമം ഭാവനയോട് കൂടി ചേർന്നതാണ് അതുകൊണ്ട് അഗ്നിഹോത്ര ഭാവന യുപാസന ഭാഗങ്ങളെ പൊതുവെ വേദത്തിൽ വരുന്ന യുപാസന ഭാഗങ്ങളെല്ലാം ഭാവനാത്മകമാണ് ഭാവന എന്ന് പറയുന്നതാണ് സാഹിത്യം അതുകൊണ്ട് ഇവിടെയൊക്കെ അതിൻ്റെ മന്ത്രങ്ങൾക്ക് ഉള്ള ഭംഗി എന്ന് പറയുന്നു അതിൻ്റെ സാഹിത്യ മേന്മ അതും വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ എങ്ങനെയാണ് ആ ഭാവനയിൽ നിന്നെന്ന് പറയുന്നു എന്താണ് അതിലോകമാണ് അഗ്നി ആദ്യത്തന്നാണ് അവിടെ പരസ്പരം ബന്ധമുണ്ടല്ലോ വിറകിൽ അഗ്നി ജ്വലിക്കുന്നു ഇത് ലോകത്തിൽ ആദ്യത്തിൻ്ലിക്കുന്നു രശ്മിയോ ധൂമ അഗ്നിയുള്ളടത്ത് അവിടെ ധൂമവും വരുന്നു അതുപോലെ ആ സൂര്യന്റെ രശ്മികളാണ് ഇവിടെ ധൂമം അതിനോട് ചേർന്ന് കാണുന്നു ധാരാഴ്ച ദീപമുള്ളടത്ത് അതിന്റെ ജ്വാലകൾ ഉണ്ടാവും ഈ പകലാണ് അതിന്റെ ജ്വാലകൾ ചന്ദ്രമ അങ്കാരാഹ ചന്ദ്രനാണ് തീ കനല് എന്തുകൊണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ പ്രകടമാകുന്നു അഗ്നിയിലെ ജ്വാലകളെല്ലാം അവസാനിക്കുമ്പോൾ അവിടെ കനല് പ്രകടമാകുന്നു അങ്ങനെയാണ് ആ ഭാവന പരസ്പരം ബന്ധപ്പെടുത്തി നക്ഷത്രാണ് വിസ്കുലിംഗാഹ നക്ഷത്രങ്ങളെ ആകാശത്ത് ഒരു ഭാഗത്തല്ല അത് ചിന്നിച്ചതുറിയാണ് ആകാശത്ത് നക്ഷത്രം അതുപോലെ അഗ്നിയിൽ നിന്ന് ചെതറിപ്പോകുന്നതാണ് വിസ്ഫുലിംഗങ്ങൾ തീപ്പൊരികൾ അപ്പോൾ അവിടെ വസ്തുനിഷ്ഠമായ അഗ്നിഹോത്രവും ഭാവനയും തമ്മിലുള്ള ബന്ധം അവിടെ വളരെ മനോഹരമായി യോജിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു അഗ്നി ഭാവൻ അഗ്നിയായാൽ മാത്രം പോരല്ലോ തസ്മിൻതൻ ദേവ ശ്രദ്ധാം ജുഹുതി അതിൽ ദേവന്മാർ ശ്രദ്ധേ ഹോമിക്കുന്നു ദേവന്മാർ യജമാനപ്രാണ അധ്യാത്മം അഗ്നാതിരൂപ അതിദൈവതം ഞാൻ നിരവധി പറഞ്ഞു രണ്ടു തരത്തിലുള്ള ഒന്ന് അധ്യാത്മവും മറ്റൊന്ന് അതിദൈവതം ദേവന്മാരെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് അധ്യാത്മ ദേവന്മാരും അതിദൈവതം അധ്യാത്മദേവന്മാരെന്താണ് പ്രാണൻ പ്രാണാഹ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയെല്ലാം അതാ കർത്താവിൻ്റെ യജമാനന്റെ ചെയ്യുന്നവന്റെ അധ്യാത്മഭാവങ്ങൾ അഗ്നാതിരൂപ അതിദൈവതം അഗ്നി ആതിഥ്യം തുടങ്ങിയ അസമഷ്ടിഭാവങ്ങൾ അഗ്നി എന്ന് പറയുന്നത് വ്യാപകമാണ് സമഷ്ടിയാണ് അതിൽ വരുന്നതാണ് അതിദൈവത ഭാവങ്ങൾ ദേവതാഭാവങ്ങൾ സമഷ്ടിയിൽ വരുന്നതെന്നാൽ ദേവതാഭാവം വ്യഷ്ടിയിൽ വരുന്നതെന്നാൽ ദീവോഭാവം ഇതിന്റെ ബന്ധമാണ് സ്ഥാപിക്കുന്നത് യജമാനൻ ഈ അഗ്നിഹോത്രത്തിലൂടെ ശ്രദ്ധ അഗ്നിഹോത്ര ആഹൂതി പരിണാമ അവസ്ഥാരൂപ സൂക്ഷ്മ ആപ ആണ് ഞാൻ മുമ്പ് പറഞ്ഞത് അഗ്നിഹോത്ര ആഹൂതി സമർപ്പിക്കുമ്പോൾ പയസും മറ്റും അവിടെ സമർപ്പിക്കുമ്പോ അതിലൊരു പരിണാമം സംഭവിക്കുന്നു ആ പരിണാമത്തിന് സാധാരണ ഒരു വസ്തു അഗ്നിയിൽ ദഹിച്ച് ഭക്ഷണമാകുന്നത് പോലെയുള്ള പരിണാമം ഇത് ആ കർമ്മത്തിൽ യജമാനിന്റെ ശ്രദ്ധ കൂടി ചേരുന്നുണ്ട് ശ്രദ്ധയും അതുപോലെയുള്ള ഭാവനകളും ഒരു കർമ്മത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടാകും അതല്ല അതിനോട് കൂടി ചേരുന്നു അപ്പോൾ അത് സാധാരണ പരിണാമമല്ല അത് സൂക്ഷ്മപരിണാമമാണ് ശ്രദ്ധ തുടങ്ങി എത്രയോ ഗുണങ്ങൾ അതിൽ വരണം കർത്തൃത്തോ ഭൂപൃത്തോ ആ ഭാവനകളെല്ലാം വരണം അങ്ങനെ വരുമ്പോൾ അതിലൂടെ പറയും സൂക്ഷ്മ സൂക്ഷ്മ പരിണാമം എന്ന് പറയും അതങ്ങനെ പറയാൻ പറ്റും ഇവിടെ ഇങ്ങനെ പറയുന്നു സൂക്ഷ്മപരിണാമം മീമാംസകർ പറയും അധിഷ്ഠ അധിഷ്ഠെന്നാണ് അവർ പറയുന്നത് അഗ്നിത്തരത്തിൽ നിന്ന് അങ്ങനൊന്നും സംഭവിക്കുന്നുണ്ട് നമ്മളെ സ്ഥൂലബുദ്ധിയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവന് പറയുന്നത് സൂക്ഷ്മപരിണാമമാണ് എന്തുകൊണ്ടത് ഫലം കൊടുക്കുന്നുണ്ട് ഈ തത്വം തന്നെയാണ് നമ്മൾ സാധാരണ ഭവനവും മറ്റും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് ഭൗതികമായി ചിന്തിച്ചോ ബുദ്ധിയുണ്ടോ മനസ്സിലാക്കാൻ കഴിയത്തില്ല പക്ഷെ എന്തോ സംഭവിക്കുന്നത് കൊണ്ട് ഫലം കൊണ്ട് ഊഹിക്കും അതിന് ഫലമുണ്ടാകും ഫലം വേണമെങ്കിലും കാരണം വേണം കാരണം നമുക്ക് ബുദ്ധിക്ക് പിടികിട്ടാത്തതുകൊണ്ട് മീമാംസകർ പറഞ്ഞാൽ അധിഷ്ഠമാണ് ഭാഷകാരൻ പറഞ്ഞ് സൂക്ഷ്മപരിണാമമാണ് ശ്രദ്ധാഭാവിത ശ്രദ്ധയവന് കാരണമാണ് യജമാനന് ചെയ്യുന്നവന് അതിന് ശ്രദ്ധയില്ലെങ്കിൽ ഈ പരിണാമമൊന്നും സംഭവിക്കത്തില്ല ഗണപതി ഹോമം നടക്കുന്നു ചെയ്യുന്നവൻ അതിന് വിശ്വാസമില്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ല ചെയ്യുന്നവൻ നിരന്തരം ചെയ്യുമ്പോ ചെയ്യുന്നവൻ ഇതിനുള്ള ശ്രദ്ധ കുറയും ചെയ്യുന്നവന് ശ്രദ്ധ ദക്ഷിണയിൽ മാത്രമോ എന്താ കിട്ടുന്നത് ചെയ്തു കഴിഞ്ഞാൽ അതിന് വരുമ്പോൾ ഇതിന് ശ്രദ്ധ കൂടും ഫലമില്ലാതെയാണ് ശ്രദ്ധയുള്ളവനാണ് ചെയ്യുന്നതെങ്കിലോ ശ്രദ്ധ ഭാവിത അവന് ചെയ്യുന്നവന് ഫലമുണ്ടാകും യജമാനിന് ഫലമുണ്ടാകും അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു തസ്യാഹോദേഹേ സോമു രാജാ സംഭവതി സോമു രാജ ചന്ദ്രനുണ്ടാവുന്നവണ് അഗ്നിഹോത്രം ചെയ്യുന്നവൻ ഇവിടെ ഭൂമിയിലിരുന്ന് ഈ ഭാവനയോടുകൂടി അഗ്നിഹോത്രം ചെയ്യുമ്പോൾ എങ്ങനെ ചന്ദ്രനുണ്ടാവുന്നു ചന്ദ്രൻ നേരത്തെ തന്നെ അവിടെയുണ്ടല്ലോ അതിവിടെ പറയുന്ന എന്താണോ അഗ്നിഹോത്രാഹൂതിസോവാഹ സൂക്ഷ്മ ആപോ ദുലോകമനുപ്രവിശ്യ ചാന്ദ്രം കാര്യം ആരഭന്തി ആഹൂതിരൂപേണ കർമ്മ ആകൃഷ്ട ശ്രദ്ധ സംവാനോ അനുപ്രവിശ്യ സോമഭൂത വ്യാഖ്യാനത്തെ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് എന്താണോ സോമഭൂത തത് സമീപസ്ഥം ശരീരം പ്രാപ്യ തസ്വരൂപ ഒരു ജീവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ജീവൻ എന്താകുന്നു പാർത്ഥിവന്റെ കർമ്മത്തിനനുസരിച്ച് മറ്റു ലോകങ്ങളിലെല്ലാം കറങ്ങി തിരിച്ച് ഈ പറഞ്ഞതുപോലെ ലോകത്തിൽ നിന്ന് പർജന്യത്തിലേക്ക് അവിടെ നിന്ന് വൃഷ്ടിയിലൂടെ ഹരിതസായി സ്ത്രീയിലൂടെ ശിശുവായി ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെ പാർത്ഥി വന്ന് പറയും പാർത്ഥി എന്തുകൊണ്ട് അവനീ പൃഥ്വിയിലെ സ്ഥൂലമായ ഉപാധികളെ ആ ജീവൻ സ്വീകരിച്ചിരിക്കുന്നു മൃണ്മയമായ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു അതുപോലെയാണ് പറയുന്നത് സോമു രാജാഭവതി ഈ അഗ്നിഹോത്രം ചെയ്യുന്നു ആ സംസ്കാരത്തോടുകൂടി അവൻ സഞ്ചരിക്കുന്നു അടുത്ത് പറയും അവസാനം അവന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അന്ത്യേഷ്ടി ചെയ്യുമ്പോൾ അന്ത്യേഷ്ടി ചെയ്യുന്നവനങ്ങനെ പോകുന്നു അന്ത്യേഷ്ടി കർമ്മം ചെയ്യാത്ത സന്യാസി എങ്ങനെ പോകുന്നത് അതെല്ലാം അടുത്ത ഭാഷകാരൻ വളരെ വിശദമായി പറയും അങ്ങനെ പോകുമ്പോൾ എന്താണ് ആ ജീവൻ അവൻ്റെ ആധ്യാത്മികമായ ഭാവങ്ങൾ അതെല്ലാം വളരെ ഉണർന്ന് അതിന് വിശേഷമായ പരിണാമം സംഭവിക്കുന്നു സുഷമ കേവലം ഈ അഗ്നിഹോത്രത്തിൽ നിന്നുണ്ടാകുന്ന എന്തോ ഒരു സൂക്ഷ്മ പരിണാമം സോമോ രാജ ചന്ദ്രനാവുന്നതല്ല പറയുന്നു ജീവൻ അവിടെയുണ്ട് അഗ്നിഹോത്രിയുടെ ജീവനുമുണ്ട് അതും പോകുന്നുണ്ട് അഗ്നിഹോത്രിയുടെ ജീവന് ഈ ആധ്യാത്മികമായും ഭാവങ്ങളുമായിട്ട് എപ്പോഴും ബന്ധമുണ്ട് ആദ്യ ദൈവികമായ ഭാവങ്ങളുമായിട്ടും ബന്ധമുണ്ടാകുന്നു ഭാവന അതിനെ സഹായിക്കുന്നു അതിനാണ് ഭാവന ഒന്നും വേണ്ട ഒരു അഗ്നിഹോത്രവും വേണ്ട മനസ്സുകൊണ്ട് നമുക്ക് സൂര്യനിലെത്താം ചന്ദ്രനിലെത്താം സങ്കല്പം സങ്കല്പരൂപത്തിലെത്തിച്ചേരുന്നു ശരീരം പോകുന്നില്ല ശരീരം പോകേണ്ട കാര്യമില്ല അവിടെ എത്തിച്ചേരുന്നെന്താണ് ആധ്യാത്മികമായ ഭാവങ്ങളാണ് മനസ്സ് ആധ്യാത്മികമാണ് അത് തൻ്റെതാണ് വിചാരിമ അവിടെ പോയില്ല പോയെങ്കിൽ അവിടെ ചൂടായിരുന്നതിന് ദഹിച്ചു പോകന്നെ അങ്ങനെയല്ല പോകുന്നുണ്ട് ആധ്യാത്മികമായ ഭാവങ്ങളെ കുറിച്ച് അറിയാത്തതു കൊണ്ടാണ് ഭൗതികമായ ഭാവങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയാം ആദ്യ ഭൗതികമായ ഭാവം പറയും ഞാൻ സങ്കല്പിച്ചതേ ഉള്ളൂ അവിടെ എത്തിയില്ല സങ്കല്പം എത്തിയല്ലോ എത്താത്ത എന്താ ഈ ശരീരമാണ് അതെത്തത്തില്ല ഈ സങ്കല്പം എന്താ ഇത് ജീവന്റെ ആധ്യാത്മിക ഭാവമാണ് ശരീരം മാത്രമല്ല ജീവനെന്ന് പറയുന്നത് ശരീരവും സങ്കല്പങ്ങളും എല്ലാം കൂടി ചേരുന്നതാണ് ജീവൻ സങ്കല്പത്തിയാൽ ജീവൻ എത്തി ശരീരം എത്താത്ത കൊണ്ട് പറയുന്നു എന്താണോ ഞാനവിടെ എത്തിയില്ല എന്റെ സങ്കല്പ സൂര്യനിലെത്തി ചന്തരിലെത്തി പക്ഷെ ഞാൻ എത്തിയില്ല എന്ന് പറയും സങ്കല്പം എത്തിയത് കൊണ്ട് എത്തിയതെന്നും പറയാമല്ലോ കാരണം ജീവൻ അതുകൂടി ചേർന്നാണ് ജീവനോട് കൂടുതൽ എടുത്തു നിൽക്കുന്ന സങ്കല്പമാണ് സ്തുപോലെ ശരീരമല്ല എന്തുകൊണ്ട് ഈ സ്വലം നശിച്ചാലും ആ സങ്കല്പം വിടുന്നില്ല അപ്പൊ തന്നെ ആധ്യാത്മികമായ ഭാവത്തിൽ ഭാവനയിലൂടെ ജീവൻ എല്ലായിടത്തും എത്തിച്ചേരും അത് ആധ്യാത്മിക ഭാവത്തിൻ്റെ ഒരു സവിശേഷതയാണ് അത് സൂക്ഷ്മവും വ്യാപകവുമായിരുന്നു അതേ ഭാവന കൊണ്ട് ഈ പരിച്ഛിന്നമായിരിക്കുന്ന ആധ്യാത്മിക ഭാവങ്ങളെ ആദ്യ ദൈവികവുമായി ബന്ധിപ്പിച്ചാലോ ശരിക്കും അവിടെ എത്തിച്ചേരും ഇവിടെ ഈ സ്തുലമായ ഉപാധി ശരീരം അതിന് തടസ്സമാണ് ഇവിടെ കേവലം ജീവനാശ്രയിച്ചിരിക്കുന്ന ഈ ആധ്യാത്മിക ഭാവം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സങ്കല്പത്തിന് നമുക്ക് അവിടെ എത്താൻ ഈ ശരീരം തന്നെ അതിന് തടസ്സമായിരിക്കുന്നു പക്ഷെ അതേ ജീവൻ തന്നെ ആദ്യ ദൈവിക ഭാവങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ എത്തിച്ചേരും സൊമോ രാജാ ആഹൂതിയിൽ നിന്നും ചന്ദ്രൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് അതാണ് ഭാഷകാലം വ്യാഖ്യാനിച്ചത് ദുലോകമനുപ്രവേശ്യ ഭാവനയിൽ ദുലോകമുണ്ട് ആ ദേവതയുണ്ട് ജീവൻ ഇപ്പൊ ഇവിടെയിൽ നിന്ന് ഭൗതികമായി സങ്കല്പിച്ച സൂര്യനും ദിലോകത്തിലൊന്നും എത്തിച്ചേരുന്നില്ല പക്ഷേ ദേവതാഭാവനയിൽ അവിടെ എത്തിച്ചേരുന്നു അത് മരണശേഷമല്ല ജീവിച്ചിരിക്കുമ്പോഴും എത്തിച്ചേരുന്നു ആ ബന്ധമുണ്ടാവുന്നു ചാന്ദ്രം കാര്യം ആരഭന്തി അവിടെ ചന്ദ്രസംബന്ധിയായ കാര്യങ്ങളുണ്ടാകുന്നു എന്നാ ചന്ദ്രൻ എന്ന് പറയുമ്പോഴും ആകാശത്ത് കാണുന്ന തിളങ്ങുന്ന സാധനമല്ല ദേവതയാണ് ദേവതാ ലോകമാണ് ചന്ദ്രൻലോകമെന്ന് പറയും അസൂക്ഷ്മമാണ് സ്ഥൂലമെന്ന് രണ്ടർത്ഥത്തിനും വേദത്തിൽ പറയും കാണുന്ന ആദിത്യനെ പറയാറുണ്ട് സ്ഥൂലമായി ചന്ദ്രനെ പറയാറുണ്ട് ഭൂമി പൃഥ്വി എന്ന് പറയാറുണ്ട് പക്ഷെ ദേവതാരൂപത്തിനും പറയും ഇവിടെ ആ ദേവതാ ലോകത്തെയാണ് പറയുന്നത് അവിടെ സോമോ രാജ എന്ന് വെച്ചാൽ ചന്ദ്രനാകുന്നുണ്ട് എന്ന് പറയുന്നത് ചന്ദ്രൻ ചന്ദ്രസംബന്ധിയായ ചന്ദ്രലോക സംബന്ധിയായ കാര്യം നമ്മുടെ കർമ്മത്തിന്റെ ഫലം അവിടെ ഉണ്ടാകുന്നു ജീവൻ അവിടെ എത്തിച്ചേരുന്നു ഫലരൂപം അഗ്നിഹോത്രാഹൂത്യോഹു അഗ്നിഹോത്ര ആഹൂത്തിന്റെ ഫലമായ കാര്യം അവിടെ സംഭവിക്കുന്നു മരണശേഷം സ്തൂല ശരീരത്തിന്റെ ആ തടസ്സം മാറിയിട്ട് പൂർണ്ണമായും അവൻ അവിടെ എത്തിച്ചേരുന്നു അതിന് മുമ്പാണെങ്കിലോ ഭാവനയിലൂടെ അവനാ ബന്ധമുണ്ടാകും സൂര്യലോകമോ ചന്ദ്രലോകമോ സൂര്യലോകത്തിന് ബ്രഹ്മലോകം സത്യലോകം എന്നെല്ലാം പറയുന്നു ചന്ദ്രലോകത്തെ പിതൃലോകമെന്നെല്ലാം പറയുന്നു മരണശേഷം ഈ ശരീരബന്ധം വിട്ടിട്ട് ആ ജീവൻ ഈ ദേവതാഭാവത്തോട് താതാന്യം പ്രാപിച്ചു അതിന് സഹായിക്കുന്നതാണിതല്ല അതാണ് ഇവിടെ പറഞ്ഞ് ആ അഗ്നിഹോത്രത്തിലെ സമിത്വം അഗ്നിയും ജ്വാലയും ധൂമവും തീപ്പൊരിയും പിന്നെ ആ യജമാനിന്റെ ശ്രദ്ധയും എല്ലാം സഹായിക്കുന്നു അതുപോലെ ഈ ഭാവനയിൽ ആ ജീവന്റെ ആധ്യാത്മിക ഭാവങ്ങളും ഈ ആദ്യ ദൈവിക ഭാവങ്ങളുമെല്ലാം അവനെ സഹായിക്കുന്നു അവിടെ ഫലമുണ്ടാകുന്നു യജമാനശ്ചത്കർത്താര ആഹൂതിമയാഹ യജമാനൻ അഗ്നിഹോത്രകർത്താവ് അവനാഹൂതി മയനായിട്ടിരുന്നു അദ്ദേഹത്തെ പറഞ്ഞത് ആ ജീവൻ ശ്രദ്ധാസമവായി ആയിത്തീരുന്നു അപ്സമവായിത്തീരുന്നു എന്ന് പറഞ്ഞാണ് അതവന്റെ സംസ്കാരമായി മാറുന്നു അധിഷ്ഠമായി മാറുന്നു അതുവരില്ലാതിരുന്ന വൈദികമായ അധിഷ്ഠം സംസ്കാരം അതാണ് ശ്രദ്ധ അപ്സമവായന അതിന് ശ്രദ്ധയും അവൻ്റെ കർമ്മവും കർമ്മത്തെ കർമ്മത്തിൻ്റെ പരിണാമത്തിലൂടെ അപ്പം എന്ന് പറഞ്ഞു സൂക്ഷ്മഭൂതങ്ങളെന്ന് നേരത്തെ അദിഷ്ടമെന്ന് പറഞ്ഞു ആഹൂത്തിമായ അത് വിശദീകരിക്കും ആഹൂതി ഭാവനാ ഭാവിത ആഹൂതി ഭാവന കൊണ്ട് സംസ്കരിക്കപ്പെട്ടവനായി ആജമാനൻ ആ സംസ്കാരം എന്ന് പറയുന്നതാണ് ആജമാനന് വിശേഷമായൊരു ഗുണം വരുന്നത് അതെന്താണ് അവന്റെ ആധ്യാത്മിക ഭാവങ്ങൾക്ക് ഈ ആദ്യ ദൈവിക ഭാവങ്ങളുമായിട്ടുള്ളൊരു ബന്ധം വരും അല്ലെ മുമ്പ് നമ്മൾ പിടിച്ചിട്ടുണ്ടെന്നാണ് ആദിത്യനെ കാണുന്ന സൂര്യൻ തന്നെയാണ് ഈ ചക്ഷിലിരിക്കുന്ന സൂര്യൻ ഈ രണ്ട് ഭാവങ്ങളെ അവിടെ ഒന്നിപ്പിക്കുകയാണ് അത് വാസ്തവത്തിൽ സംഭവിക്കുന്നു ആഹൂതിരൂപേണ കർമ്മ ആകൃഷ്ടാഹ ആഹൂതിയാകുന്ന ആ കർമ്മം ആ കർമ്മം സംസ്കാര രൂപത്തിൽ അവനെ അങ്ങോട്ട് വലിക്കുന്നു ആകൃഷ്ടാഹ അവനാകർഷിക്കുന്നു എന്നുള്ളത് എവിടത്തേക്ക് ആ ജീവനെ അച്ഛന്തുലോകത്തിലേക്കോ സത്യലോകത്തിലേക്കോ ഒക്കെ വലിച്ചുകൊണ്ടുപോകുന്നു ഇവിടെ നിന്ന് റോക്കറ്റ് വിടുമ്പോലെ അവൻ പോകുന്നു ആകൃഷ്ടാഹ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നു അതിന് ശക്തി ഇതിനുണ്ട് ഈ കർമ്മത്തിനും ആ ഭാവനയ്ക്കും ഉണ്ടാകുന്നു ശ്രദ്ധാസായ നോ ദുലോകമനുപ്രവിശ്യ നേരെ ദുലോകത്തിലെത്തിച്ചേരുന്നു ഈ സംസ്കാരത്തോടുകൂടി ഇവനായി സോമഭൂതാഭോന്തി സോമഭൂതനായിത്തീരുന്നു അവൻ ചന്ദ്രലോകവാസിയായിത്തീരുന്നു സ്വരൂപ എന്ന് പറയുന്നു അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഈ സോമ ചന്ദ്രനാകുന്നു പറഞ്ഞാൽ അതാണ് പറഞ്ഞല്ലോ ജീവൻ ഇവിടെ പാർത്ഥിവോകം ഇവിടത്തെ മനസ്സും ഇവിടുത്തെ ശരീരവും ഇവിടത്തെ ഭാവനകളുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഭാവന ചെയ്താൽ ചന്ദ്രൻലോകവും സൂര്യലോകമൊന്നും നമുക്കറിയാൻ കഴിയില്ല പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ് സ്വരൂപ ആ ചന്ദ്രലോകത്തിന് ചില വിശേഷതകളൊക്കെ ഉണ്ട് അതിവിടുത്തെ ഈ ലോകത്തിൻ്റെ ഭൗതിക ലോകത്തിന്റെ വിശേഷതകളുണ്ട് അത് സൂക്ഷ്മമാണ് അതിന് സമമായി തീരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന് സമമായിത്തീരുന്നു ഈ പാർത്ഥിവ പ്രാപിച്ചിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ഈ സ്ഥൂലഭാവങ്ങളെയെല്ലാം വിട്ടിട്ട് അതിസൂക്ഷ്മമായ അനു തസ്വരൂപ അവിടക്ക് പറ്റിയ രൂപത്തിലാകുന്നു ും ഇനി വരുമ്പ ഭക്ഷകാലം പറയും ഈ യുവൻ ചന്ദ്രലോകത്തിൽ പോയി അവിടെ അവിടത്തെ വിശിഷ്ടമായ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച് പറയുന്നത് തലയ്ക്ക് മത്തുപിടിപ്പിക്കുന്ന അനുഭവങ്ങളാണെന്നവടെ പോയി തന്നെ അനുഭവിക്കും പക്ഷെ അതെങ്ങനെ അനുഭവിക്കും ഇതുകൊണ്ട് പറ്റും ഈ പാർത്ഥി ശരീരം കൊണ്ട് പറ്റുമല്ല അവിടെ അതിനു പറ്റി ശരീരത്തെ സ്വീകരിക്കുന്നു അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നു അതന്നെ വിശ്വസിക്കും അത് സംഭവിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന അഗ്നിഹോത്ര ഭാവനയുടെ ഫലമായിട്ട് അപ്പോൾ എങ്ങനെ ഭാവന ചെയ്യുന്നു അതുപോലെ സംഭവിക്കുന്നു ഇവിടെ ഭാവന ചെയ്യാൻ പറയുന്നത് ആ ഭാവനയെ ആ ഭാവനയുടെ ഫലമുണ്ടാകുന്ന ജീവന്റെ ഗതിയെ ആ ഗതിയുടെ ഫലമായി ഉണ്ടാകുന്ന ഫലത്തെ എത്തിച്ചേർന്ന ഈ മൂന്നിനെയും കാണിക്കണി ഭാവനയും തിരിച്ചുള്ള വരവിനെയും കാണിക്കുന്നുണ്ട് അവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ അവന് തിരിച്ചു വരാം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ്റെ കർമ്മത്തിനനുസരിച്ച് എങ്ങനെ തിരിച്ചു വരാം കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു വിഷയത്തിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ രഹസ്യ വിദ്യ ഉപനിഷത്തെന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ സാരമായ കാര്യമാണ് അഗ്നി ശ്രദ്ധയെ ഹോമിക്കുന്നു പക്ഷെ നമ്മുടെ സുരബുദ്ധിക്കും മനസ്സിലാക്കാൻ വയ്യാത്ത വിഷയങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ ഭാവന ഫലത്തു കൊടുക്കുന്നത് ജീവനെ സോമലോകത്തിൽ വരെ എത്തിക്കുന്നത് മുഖ്യമായി പറയുന്ന എന്താണോ അത്തരത്തോ ആഹൂതി പരിണാമയോ പഞ്ചാഗിൻ സംബന്ധക്രമേണ പ്രാധാന്യേന വിവക്ഷിത ഉപാസനാൾ ജമാൻ ആനാംഗതി ഇവിടെ ഇപ്പോൾ ഉപാസന ഗതി എന്ന് വിശേഷിച്ച് പറയുന്നത് ഇതിനും അതിന്റെ സൂചനയുണ്ട് പക്ഷെ മുഖ്യമായി പറയുന്നെന്താണോ ഇവിടെ ബാഹ്യമായി ഈ അഗ്നിയിലേക്ക് സ്ഥൂലമായ അഗ്നിയിലേക്ക് അർപ്പിക്കുന്ന ആഹൂതി ഇതെങ്ങനെ ഈ ജീവന് ചന്ദ്രലോകത്തിലല്ലെങ്കിൽ സൂര്യലോകത്തിലെത്തിക്കുന്നു കാര്യമാണ് പറയുന്നത് അവിദുഷധുമാതിക്രമേണ ഉത്തരത്ര പക്ഷി വിദുഷം ഉത്തര വിദ്യാകൃത അതിന് അവിദുഷനി വേറൊരു കൂട്ടറുണ്ട് ഇവിടെ എല്ലാം വിദ്യ ജ്ഞാനം വിദ്വാൻ എന്നെല്ലാം പറയുന്നിടത്ത് ഉപാസന എന്നിടത്തോളം അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഇത് മലയാളത്തിലൊക്കെ വ്യഖ്യാനിച്ചിട്ടുള്ളവർക്ക് മിക്കവാറും എല്ലാവരും തന്നെ ഈ ഉപാസന മലയാളത്തിന് ഇംഗ്ലീഷിൽ ജ്ഞാനം ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാതെ ജ്ഞാനവും തന്നെ അർത്ഥം വിചാരിക്കുക ഭാഗാ ആശയക്കുഴക്കുന്നത് ജ്ഞാനം കൊണ്ട് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുമോ വായിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ ചിന്ത വരും ജ്ഞാനത്തിൽ ചന്ദ്രലോകത്ത് പോകുമ്പോൾ സൂര്യലോകത്തിൽ പോകുമ്പോൾ ജ്ഞാനത്തിൽ എന്താണോ ഫലം എന്നെല്ലാം ആശയങ്ങൾക്കും ഈ വ്യാഖ്യാനങ്ങൾ വായിക്കുന്നവരുടെ മനസ്സിൽ വരും ഈ പ്രകടനത്തിൽ സർവത്ര വിദ്വാനെന്നോ വിദ്യയെന്നോ ജ്ഞാനമെന്നോ പറഞ്ഞാലും എല്ലാത്തിനും അർത്ഥോപാസന ഭാവന ഒരു ഭാവന ദൃഢമായ ഭാവന അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഏകത്വജ്ഞാനമല്ല ഇവിടെ പറയുന്നത് അതിനെക്കുറിച്ചടുത്ത് പറയും ഭാഷകാരൻ ഭക്ഷ്യത്തിൽ തന്നെയെന്ന് പറയും പക്ഷെ വ്യാഖ്യാനം എഴുതുന്നവരൊന്നും ശ്രദ്ധിക്കാറില്ല വ്യാഖ്യാനം എഴുതി പ്രശസ്തി നേടണം അതുമാത്രമേ ചിന്തിക്കാറുള്ളൂ ഭാഷ്യകാരെല്ലാം വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ഉപാസന എന്താണ് ജ്ഞാനം പിന്നെ മറ്റൊന്നുകൂടി ഉപാസന എന്ന് പറയുമ്പോൾ എന്തോ ഒരു മോശമായ കാര്യമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശ്രേഷ്ഠമായ കാര്യമാണെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ട് അത് അബദ്ധമാണ് അങ്ങനെ ഇവിടെ ശ്രുതി പറയുന്നുണ്ട് ഉപാസന എന്ന് പറയുന്നത് മോശമായൊരു കാര്യമല്ല ഞാനത്തെ അപേക്ഷിച്ചത് മോശമാണതുകൊണ്ട് നമുക്ക് ഉപാസന വേണ്ട ജ്ഞാനം മതി എന്നല്ല ശ്രുതി പറയുന്നത് ഉപാസനയും ശ്രേഷ്ഠമാണ് വിശേഷിച്ചുകൂടെ പറയുന്ന ഉപാസന അത് ഞാനത്തെ പോലെ തന്നെ ശ്രേഷ്ഠമാണ് അതിനധികാരിയായവന് അത് ഫലം ചെയ്യും ഇപ്പം വൈദികമായ കർമ്മങ്ങളിൽ പിൻകാലത്ത് കർമ്മങ്ങൾക്ക് പ്രാധാന്യം വന്നു ഈ ഉപാസനകളെല്ലാം ഉപേക്ഷിച്ചു ഇന്നും കർമ്മങ്ങൾ ഒരു ഉപാസന ഭാവത്തെയൊക്കെ അവഗണിക്കുന്നു ജ്ഞാനത്തിന്റെ പുറകെ പോകുന്നവർ ഇതൊക്കെ അവഗണിക്കുന്നു അവരും തരുന്നു വാസനയൊക്കെ അബദ്ധമാണ്ക്കാലത്ത് വൈദിക കാലത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന ധ്യാനങ്ങളും ധ്യാന സമ്പ്രദായങ്ങൾക്കും എല്ലാ ഈ വേദത്തിൽ പറയുന്ന വാസന മറ്റു തരത്തിലുള്ള ധ്യാനമാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നവർ ഇതിനുപേക്ഷിക്കുന്നു അറിയുന്നില്ല അതാണ് പ്രധാനമായ കാരണം മറ്റൊന്ന് താൻ എന്താണോ അറിഞ്ഞാൽ അതാണ് പരമം ശ്രേഷ്ഠമെന്ന് കരുതുന്നത് ഇതാണ് രണ്ട് ദോഷം ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണോ ശ്രേഷ്ഠമോ അത് നമ്മൾ അറിയുന്നത് വൈദികമായ ഉപാസന എന്നും അറിയുന്നതിനുള്ള അവസരമില്ല ഇന്നാർ അനുഷ്ഠിക്കാനും പറ്റുന്നു മറ്റൊന്ന് നമ്മളെന്താണോ അറിഞ്ഞാൽ അതിൽ സംതൃപ്തരാകുന്നു ഇതാണ് ശ്രേഷ്ഠം ഇതിനപ്പുറമൊന്നുമില്ല അതുകൊണ്ട് ഇതെല്ലാം ലുപ്തപ്രചാരം മൈത്തരോപാസങ്ങൾ സമ്പ്രദായങ്ങൾ എല്ലാം ആൾക്കാരെല്ലാം പോകുന്നത് തത്വജ്ഞാനത്തിന്റെ പുറകെയാണ് അതവനോട്ട് ഗുണം ചെയ്യുന്നുല്ല എന്തുകൊണ്ട് അവനതിന് അധികാരിയല്ല തത്വജ്ഞാനത്തിന് അധികാരി ദുർലഭമാണ് അവനതിൽ വൃധാ പരിശ്രമിക്കുന്നു അതിനെ സംബന്ധിച്ച് അതിനപേക്ഷിച്ച് കൂടുതൽ അധികാരിത്വം ഉള്ളത് ഉപാസനയ്ക്കാണ് പക്ഷെ അതിന് ഉപേക്ഷിക്കുന്നു ഭാവന അഗ്നി ഭാവന അതുപോലെ ഓരോ ഭാവനകളെ അഞ്ച് ഭാവനങ്ങളെ കുറിച്ചുകൂടെ ഗുരുതമം ഉപദേശിക്കുന്നു പല ഭാഗത്തും ആവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം ബ്രദാണ്യത്തിലവർത്തിക്കുന്നു പല പുനഷബ്ദ അടുത്ത് പറയുന്നു പർജന്യോ ഭാവ ഗോതമാഗ് ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള കാരണമാണ് വായുസമിദ്ധാണ് ധൂമം വിദ്യു അഭ്രം േഘം ധൂമമാണ് വിദ്യുത് മിന്നൽ അർച്ചിയാണ് ഇടി അങ്കാരമാണ് ഇടിവട്ടം ഹരാധനയു ആ മുഴക്കം അതതിന്റെ വിസ്ഫുലിംഗങ്ങളാണ് തസ്മിൻത ഗുരുദേവ സോമ രാജാനും അതിൽ സോമത്തെ അഹൂതിയായി അതിലൊന്ന് വർഷമുണ്ടാവുന്നു അടുത്തതുപോലെ അങ്ങനെയാണ് പൃഥിവിപഞ്ചത്തിൽ സർവത്തിനും ഈ അഗ്നിഹോത്ര കൽപ്പന ഋഷിമാലൊരു ക്രമം ഉണ്ടാക്കി അത് നമുക്ക് പറയാം വൈദികമായ ക്രമം എവിടെയെങ്കിലും എന്തെങ്കിലും ഭാവന ചെയ്തല്ലതാകട്ടെ വൈദികമായ ക്രമം എന്തുകൊണ്ടിതിൽ തന്നെ എന്ന് ചോദിക്കാം ഇത് ലോകത്തിനെ അഗ്നിയായി ഭാവിക്കുന്നു പർജന്യത്തെ അഗ്നിയായി ഭാവിക്കുന്നു പൃഥ്വിയെ അഗ്നിയായി ഭാവിക്കുന്നു വേറെന്തിനെ എന്തുകൊണ്ടായിക്കൂടാ അതാർഷക്രമം ശ്രുതിക്രമം അതാണ് അങ്ങനെ ഒരു ക്രമത്തെ ഋഷിമാരാവിഷ്കരിച്ചാണ് ഇത്തരത്തിൽ ഭാവന ചെയ്യുക പൃഥിവിയാകുന്ന അഗ്നിയിൽ വർഷത്തെ ഹോമിക്കുന്നു പുരുഷനാകുന്ന അഗ്നി അതിൽ അന്നത്തെ ഹോമിക്കുന്നു അറിയാമല്ലോ പൃഥ്വി വർഷത്തെ ഹോമിക്കുന്നു അപ്പം അതിൽ നിന്ന് അന്നമുണ്ടാകുന്നു അന്നത്തെ പുരുഷനിൽ ഹോമി ഇതാണ് ജീവന്റെ ഗതി ജീവന്റെ ഗതി മാറ്റാൻ ഒക്കത്തില്ല ജീവനെവിടെ പോയാലും ശരി അതിന്റെ ഗതി ഇങ്ങനെയാണ് വേറൊരു ഗതിയെക്കുറിച്ച് പറയും ഗായസ്സോ മൃയസ്സോ ഇവിടെ തന്നെ ജനിച്ചും മരിച്ചും പോകുന്ന ഒരു ഗതി അത് സാധാരണ ജീവന്മാർ പാസകൻ അങ്ങനെയല്ല ശ്രേഷ്ഠമായ ഗതിയാണ് ആത്യന്തികമായി അതും സംസാരമാണെങ്കിലും ഇവിടെ ജനിച്ച് മരിക്കുന്നതിനപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് അതുകൊണ്ട് ആ ഭാവന ആ ഗതിയെ കൂടി ഉൾക്കൊള്ളുന്ന ഭാവന ഇത് ലോകത്തിൽ നിന്നും പർജന്യത്തിലൂടെ വർഷത്തിലൂടെ അന്നത്തിലൂടെ പുരുഷൻ പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ പുരുഷന്റെ ആ ജീവനം പ്രവേശിക്കുന്നു അഗ്നോഹി താഹൂതേർഗർഭസംഭവത്തി അവിടെ ജീവൻ ജനിക്കുന്നു ഇത് പഞ്ചമ ആപസോട്ട് നേരത്തെ പറഞ്ഞുള്ളൂ എങ്ങനെയാണ് ഈ ആപെന്നൊക്കെ ജലമെന്നാർത്ഥം അല്ലെങ്കിൽ ജലമയമായ വസ്തുക്കൾ അതെങ്ങനെ പുരുഷനാകുന്നു ഇവിടെ പുരുഷനെന്ന് പറയുന്നത് ആ ജനിക്കുന്നവനാണ് പുരുഷനെന്ന് പറയുന്നു എങ്ങനെ ഈ പുരുഷനുണ്ടായി എങ്ങനെ യജമാനൻ ഉണ്ടായി ഈ യജമാനൻ പുരുഷനാകുന്നു പുരുഷൻ യജമാനനായി മാറുന്നു ഇവിടെ ഇരുന്ന് അവൻ ചെയ്യുന്നു അതിന്റെ ഫലമായി അവൻ എവിടേക്ക് പോകുന്നു തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ പുരുഷനായി ആ പുരുഷൻ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു അഗ്നിഹോത്രം ചെയ്യുന്നു അപ്പൊ അവൻ യജമാനാവും വീണ്ടും അവൻ അവന്റെ ആ കർമ്മ വീണ്ടും മാതാവിന്റെ ഉദരത്തിലൂടെ വീണ്ടും പുരുഷനായി വരുന്നു ഇതിങ്ങനെ ആവർത്തിക്കുന്നു ജാതോ യുവതാൻ ജീവതി അവൻ ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ആയുസ് ഉള്ളതുവരെ ജീവിക്കുന്നു മരിക്കുന്നു മരിച്ചു കഴിഞ്ഞാലോ ഇതോ അഗ്നയ ദേവഹരന്തി അവനെ അവൻ ഉപാസിക്കുന്ന അഗ്നി തന്നെ അവനെ നയിക്കുന്നു അങ്ങനെ അഗ്നി നയിക്കുന്ന അതാണ് ആദ്യം വിശദീകരിച്ചത് അവൻ ഭാവന ചെയ്യുന്ന അഗ്നികൾ അവനെ നയിക്കുന്നു ദേവതാരൂപത്തിൽ അവൻ ആഹൂതി അർപ്പിക്കുന്ന അഗ്നി ആ ആഹുതിയെ പരിണമിപ്പിച്ച് അവനോട് ചേർക്കുന്നു ശ്രദ്ധ മറ്റോട് ചേർക്കുന്നു അവൻ്റെ ആധ്യാത്മിക ഭാവത്തിലേക്ക് ഇതിനെല്ലാം സംസ്കാര രൂപത്തിൽ ചേർക്കുന്നു എന്നിട്ട് അവനെ നയിക്കുന്നു യഥാസംഭൂതോ ഭവതി അങ്ങനെ അവൻ വീണ്ടും പുരുഷനായി മാറുന്നു ഒരു ജീവന്റെ ഗതിയാണ് പക്ഷെ ഇത് ഊർധതി എന്ന് പറയും യുദ്ധം വിധുഹു ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെ ഭാഷകാരൻ ഇനിയാണ് വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് വിട്ടത് അതൊക്കെ നമുക്ക് സാറിന് വായിച്ചാൽ മനസ്സിലാക്കാമെന്നുള്ള കാര്യങ്ങളും ഈ പ്രപഞ്ചത്തെയും ഈ ജീവന്റെ പ്രവൃത്തിയെയും ഇതെല്ലാം അഗിനമാണ് പ്രപഞ്ചത്തിന്റെ ഈ നാനാം ഭാവങ്ങൾ ജീവന് പ്രകടമായിരിക്കുന്ന ഈ ഭാവങ്ങൾ ഇതെല്ലാം അഗ്നിഹോത്രത്തിന്റെ ഭാവമാണ് ജീവന്റെ പ്രവൃത്തിയിലെ ഏറ്റവും മുഖ്യമായ പ്രവൃത്തി എന്താണ് സൃഷ്ടി തന്നെയാണ് അസൃഷ്ടിയും ഒരു അഗ്നിഹോത്രമാണ് ഇവിടെ അഗ്നി അങ്ങനെ കർപ്പിക്കുന്നു കർമ്മവും അഗ്നിഹോത്രമാണ് അഗ്നിഹോത്രമെന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു കർമ്മമല്ല അഗ്നിയിൽ അവിസർപ്പിക്കുന്ന ഒരു കർമ്മം മാത്രമല്ല ഈ സൃഷ്ടിപ്രക്രിയയും ഒരഗ്നിഹോത്രമാണ് അതുകൊണ്ട് അതിലൂടെ ജന്മം സംഭവിക്കുന്നു ഇതെല്ലാം എന്താണ് അവന്റെ ഉപാസനയാണ് യജമാനന്റെ ഉപാസന തദ്ദേഹു അടുത്ത് പറയുന്നു ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത് അധിക പാഷ്യം പറയുന്നു അധികീത്യം പ്രശ്ന പ്രത്യപസ്ഥോ അപാകം പ്രതി ഉത്ത ഗൃഹമേഥി യഥോക്തം പഞ്ചാഗ്ദർശനം അഗ്നിഭ്യോ യം ക്രമേണ ജാത അഗ്നിസ്വരൂപാന പഞ്ചാഗ്നിയെ ഭാവന ചെയ്യുന്നു പഞ്ചാഗ്നിയായി തന്നെ മാറുന്നുലോകത്തിലെത്തുന്നു പർജന്യത്തിലെത്തുന്നു വർഷമാകുന്നു എല്ലാത്തിനോടും അവൻ താതാമ്യം പ്രാപിക്കുന്നുണ്ട് ഇവിടെ യജമാനം എങ്ങനെയാണോ ഈ സ്ഥൂലമായ ഉപാധിയോട് ശരീരമാകുന്ന ഉപാധിയോട് താതാമ്യത്തെ പ്രാപിച്ചിരിക്കുന്നത് അവൻ ഈ സമഷ്ടിയോടും താതാമ്യത്തെ പ്രാപിക്കുന്നു ഭാവന ഉള്ളത് സാധിക്കും അതാണ് അഗ്നിസ്വരൂപ അഗ്നി താതാമ്യത്തെ പ്രാപിക്കുന്നു സ്വരൂപം അല്ലെങ്കിൽ സ്വരൂപം രണ്ടു തരത്തിലും പറയും അദ്ദേഹം ചന്ദ്രനായിരുന്നു എന്ന് വെച്ച ആ ചന്ദ്ര ലോകത്തിൽ യുക്തമായ രീതിയിൽ അവൻ മാറുന്നു ഇത്യവും വിദുർജാനിയുഹു ആരാണ് അധികൃതാനാം ഗ്രഹമേധിന ഇതിന് അധികാരികളായിരിക്കുന്ന ഗൃഹസ്ഥന്മാർ അവരെ കുറിച്ചാണ് പറയുന്നു ഈ പറഞ്ഞ പഞ്ചാഗിന് വിദ്യയുടെ ഉപാസന ഗ്രഹസ്ഥന്മാർക്കാണ് പക്ഷകാലങ്ങളൊ ്രഹ്മചാരികൾ വാനപ്രസ്ഥന്മാർ പരിവ്രാജകന്മാർ അവരൊക്കെ അവരുടെ കാര്യം ഇനി ചർച്ച ചെയ്യും ഭാഷകാരൻ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യും അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ആദ്യം ഗ്രഹസ്ഥന്റെ കാര്യം എടുക്കുകയാണ് തതിയെ ഇത്തം വിധുഹു ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് ഗൃഹസ്ഥന്മാര് നമുക്കറിയാം അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നത് ഗ്രഹസ്ഥനാണ് അന്ത്യേഷ്ടി കർമ്മം അത് ഗ്രഹസ്ഥനാണ് സന്യാസിക്കല്ല ഇതെല്ലാം അവന് വേണ്ടിയിട്ടാണ് കാരണം അഗ്നികളാണ് അവനെ നയിക്കുന്നതെന്ന് പറഞ്ഞു സന്യാസിയെ അഗ്നി കർമ്മം ചെയ്യാറില്ല അത് വൈദികമായി ശാസ്ത്രീയമായി അല്ലാതെ ഇപ്പം ആൾക്കാർ ചുടുന്നുണ്ട് ദഹിപ്പിക്കുന്നുണ്ട് സന്യാസി അത് വൈദികമല്ല ശാസ്ത്രീയമല്ല ആർക്കും എന്തും ചെയ്യാം വേണമി മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കാം അതും ഇതുമായിട്ട് ബന്ധമുണ്ട് ഇവിടെ പറയുന്നത് ശാസ്ത്രീയമായി ചെയ്യുമ്പോൾ അഗ്നി ധർമ്മം ഗൃഹസ്ഥനെ പാടും അഗ്നി ദഹിപ്പിക്കുക എന്ന് പറയുന്നു സന്യാസിക്ക് അത് പാടില്ല എന്തുകൊണ്ടത് പാടില്ല അപ്പൊ വൈദിക രീതി അനുസരിച്ച് പറയണു ഇന്ന് ആരെങ്കിലും ആരെങ്കിലും ദഹിപ്പിക്കുന്നു ഞാനതിന് ഉത്തരവാദിണ്ട കാരണം അവനാണ് അഗ്നി ഉപാസിക്കുന്നത് ജീവിതകാലം മുഴുവൻ അഗ്നി ഉപാസിക്കുന്നത് അപ്പൊ ആ അഗ്നിയെ കൊണ്ടാണ് അവനെ ദയിപ്പിക്കേണ്ടത് ഇന്നതുപോലെ പെട്രോളിസ് കത്തിക്കുകയല്ലേ അഗ്നി അവൻ അഗ്നി ഉപാസിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉപയോഗിച്ചു അതെല്ലാം കുടിച്ച് അവനെ ദയിപ്പിക്കുന്നു അഗ്നി തന്നെയാണ് അവനെ നയിക്കുന്നത് എങ്ങനെയാണ് അത് അവൻ ദയിച്ചുപോയി അഗ്നി അണഞ്ഞുപോയി പിന്നെ എങ്ങനെയാണ് അവനെ നയിക്കുന്നത് അവിടെ അഗ്നി എന്ന് പറയുന്നതാണത് അതിൻ്റെ അതിദൈവിക ഭാവങ്ങളാണ് അവനെ നയിക്കുന്നത് അതുകൊണ്ട് അന്ത്യേഷ്ഠി എന്ന് പറയുന്ന കർമ്മം സന്യാസിക്കല്ല ആ ഗ്രഹസ്ഥനുണ്ട് അത് അഗ്നിഹോത്രത്തിൽ തുടങ്ങി അന്ത്യേഷ്ടവസാനിക്കണ അഗ്നിബന്ധം ഗ്രഹസ്ഥന്റെ പഴയകാലത്തെ കാര്യം പറയും അതുകൊണ്ട് കഥം അപഗമ്യത യുദ്ധം വിതിരുതി ഗൃഹസ്ഥേ നാന്യ ഇതെല്ലാം ഗ്രഹസ്ഥന് വേണ്ടിയിട്ടാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് വാനപ്രസ്ഥൻ ബ്രഹ്മചാരി ബ്രഹ്മചാരി രണ്ടുപേരും ഉപ്പക്കുറവാണ് നശിച്ച വാനപ്രസ്ഥൻ ഇവിടെ പരിപ്രാജകന്മാരെ പല പല ഗുണത്തിൽപ്പെടുത്തും പലതരത്തിലുള്ള പരിപ്രാജകന്മാരെ കുറിച്ച് പറഞ്ഞു ഇവരെല്ലാം എന്തുകൊണ്ട് ഉപേക്ഷിച്ചു കേവലം ഗ്രഹസ്ഥന് വേണ്ടി എന്തുകൊണ്ട് പറഞ്ഞു അത് ഈ അഗ്നിബന്ധമുള്ളതുകൊണ്ട് ഗ്രഹസ്ഥനാണതുള്ളത് അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ച് പോകണം ഗാർഹസ്തത്തെ ഉപേക്ഷിച്ച് നേരെ പോകണം വനത്തിലേക്ക് പോകണം വനപ്രസ്ഥനം അല്ലെങ്കിൽ അവിടെ നിന്നും വിട്ട് പരിഭ്രാജനം പരിപ്രനം അങ്ങനെയാവുക അവിടെയൊക്കെ അവരൊക്കെ എവിടെ പോകുന്നു ഏത് ലോകത്ത് പോകുന്നു അതിനെല്ലാം ഭാഷകാരൻ വളരെ ശാസ്ത്രീയമായി വിശദീകരിക്കും ഗ്രഹസ്ഥാനം ഏതു അനിത്ഥം വിധ കേവല ഇഷ്ടപൂർത്ത ദത്തപരാഹസ്തേ ധൂമാതിന് ചന്ദ്രങ്കീതി ഇനി പറയാൻ പോകുന്നതിനെ കുറിച്ചൊരു സൂചന കൊടുക്കുകയാണ് ഗ്രഹസ്ഥം തന്നെ കേവല ഇഷ്ടപൂർത്ത ദത്ത അതിനായി വിശദീകരിക്കും ഇഷ്ടകർമ്മം അഗ്നി ഭത്ര മറ്റും പൂർത്തകർമ്മം അത് പഴയകാലത്ത് ചെയ്തിരുന്നാണ് മറ്റ് സത്പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അഗ്നിഹോദ്രം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയാണ് ദേവാലയങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ സ്മൃതികളി പറയുന്നതാണ് ആരാമങ്ങൾ ഉണ്ടാക്കുക പൊതുജനങ്ങൾക്ക് വേണ്ടി കിണറുകൾ കുഴപ്പിക്കുക സത്കർമ്മങ്ങൾ ചെയ്യുന്നത് പൂർത്തകർമ്മങ്ങൾ ദത്തം അന്നദാനം ചെയ്യുക സേവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദത്തം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥന്മാർ അനിറ്റംവിത എന്ന് വെച്ചാൽ ഉപാസനയില്ല സൽപ്രവൃത്തിയ ചെയ്യുന്നത് ചെയ്യുന്നത് പ്രവൃത്തി ദോഷം എന്നാണ് പറയുന്നത് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നല്ലതാണ് പക്ഷേ ഉപാസനയില്ല ഭാവന സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ധൂമാദിനൂമമാർഗത്തിലൂടെ ആ ഗീതിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അവിടെ എന്താണ് സത്കർമ്മം എന്താണ് കർമ്മയോഗം എന്നുള്ളതൊക്കെ അവിടെ ചർച്ച ചെയ്തതാണ് ചന്ദ്രം ഗച്ഛന്തി ഒരു ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു പിതൃലോകത്തെ പ്രാപിക്കുന്നു സംസാരഗതിയാണ് അവർക്ക് തിരിച്ചുവരുന്നു തൽക്കാലം ഉയർന്ന നിലയിലെത്തും പക്ഷെ തിരിച്ചു വരേണ്ടി വരും ഇത് വൈദികമായ സിദ്ധാന്തമാണ് ഇതെല്ലാം ഗീതയിൽ ചർച്ച ചെയ്തതാണ് ഇവിടെ ഭാവനയെ കുറിച്ച് പറയും ഉപാസന അതെങ്കിൽ സൂര്യലോകത്തിൽ പോകുന്നു ഇപ്പൊ ഗൃഹസ്ഥന്മാരുടെ രണ്ട് കൂട്ടരാണ് ഒന്ന് കേവല കർമ്മം ചെയ്യുന്നവർ വേറൊരുത്തർ ഈ ഉപാസന ചെയ്യുന്നുണ്ട് കേവല കർമ്മികൾക്ക് സംസാരം ചന്ദ്രലോകത്തിൽ പോയി തിരിച്ചു വരുന്നു ഉപാസകന്മാർ കല്പാന്തം വരെ അവിടെ കഴിയും രണ്ടു കുറിച്ചും പറയുന്നു അതിൽ തിരിച്ചു വരുന്നവരുണ്ട് വരാത്തവരുണ്ട് ഇവിടെ ഭാഷകാലം തിരിച്ചു വരുന്നവരെ പറയുന്നു